പറയുക എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളിൽ ഭക്ഷിക്കുന്ന ഒരാൾക്കും നിഷിദ്ധമായതായി ഞാൻ കാണുന്നില്ല അത് ചത്തതോ ഒഴുകിയ രക്തമോ പന്നിമാംസമോ ആയിരുന്നില്ലെങ്കിൽ തീർച്ചയായും അത് അശുദ്ധമാണ് അല്ലെങ്കിൽ അള്ളാഹു സുഭാണഹൂവ തായാല അല്ലാത്തവർക്കായി അറുക്കപ്പെട്ടതോ എന്നാൽ ആഗ്രഹത്തോടും അതിക്രമത്തോടും കൂടാതെ നിർബന്ധിതനായവൻ ഭക്ഷിച്ചാൽ നിശ്ചയമായും നിന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്